അള്ളാഹു സുബാനുഹുവറ്റായാല രണ്ടു പുരുഷന്മാരെ ഉദാഹരണമായി പറഞ്ഞു അവരിലൊരാൾ ഊമയാണ് അവൻ ഒന്നിലും കഴിവില്ല അവൻ തൻറെ യജമാനൻ ഒരു ഭാരവുമാണ് യജമാനൻ അവനെ എങ്ങോട്ടുവിട്ടാലും അവൻ യാതൊരു ഗുണവും കൊണ്ടുവരുന്നില്ല അവൻ നീതിക്ക് കൽപ്പിക്കുകയും നേരായ പാതയിലുമായിരിക്കുകയും ചെയ്യുന്ന ഒരാളുമായി തുല്യനാണോ